അതു അവർ പറയുന്നു അവൻ അത് കെട്ടിച്ചമച്ചതാണ് എന്ന് അല്ല അത് നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യമാകുന്നു നിനക്കു മുമ്പ് ഒരു മുന്നറിയിപ്പുകാരനും വരാത്ത ഒരു ജനതയെ നീ താക്കീത് ചെയ്യുന്നതിനും അവർ സന്മാർഗം പ്രാപിക്കുന്നതിനും വേണ്ടിയാണിത്